അധ്യായം പതിനഞ്ച് കുറെക്കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്ത് കാലത്ത് ശിംശോൻ ഒരു കോലാട്ടിൻകുട്ടിയെയും കൊണ്ട് തന്റെ ഭാര്യയെ കാണുമാൻ ചെന്നു ശയനഗ്രഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു എന്ന് പറഞ്ഞു അവളുടെ അപ്പനോ അവനെ അകത്തുകടപ്പാൻ സമ്മതിക്കാതെ നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി അവളുടെ അനുജക്തി അവളേക്കാൾ സുന്ദരിയല്ലോ അവൾ മറ്റവൾക്കു പകരം നിനക്കിരിക്കട്ടെ എന്നു പറഞ്ഞു അതിനെ ശിംഷോൻ ഇപ്പോൾ ഫെലിസ്തർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്നു പറഞ്ഞു ശിംശോൻ പോയി മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാലോടു വാൽ ചേർത്ത് പന്തമെടുത്ത് ഈ രണ്ട് വാലിനിടയിൽ ഓരോ പന്തം വെച്ചുകെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫലിസ്തീരുടെ വിളവിലേക്ക് വിട്ടു കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളുമെല്ലാം ചുട്ടുകളഞ്ഞു ഇത് ചെയ്തതാറെന്ന് ഫെലിസ്തീർ അന്വേഷിച്ചാറേ തിന്നക്കാരന്റെ മരുമകൻ ശിംഷോ അവന്റെ ഭാര്യയെ അവനെടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്ന് അവർ കറിവുകിട്ടി ഫിലിസ്റ്റർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു അപ്പോൾ ശിംഷോൻ അവരോട് നിങ്ങൾ ഈ വിധം ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു അവരെ കഠിനമായി അടിച്ച് തുടയും നടുവും തകർത്തുകളഞ്ഞു പിന്നെ അവൻ ചെന്ന് ഏതാം പാറയുടെ ഗഹരത്തിൽ പാർത്തു എന്നാൽ ഫെലിസ്തീർ ചെന്ന് യഹൂദയിൽ പാളയമിറങ്ങി ലേഹിയിൽ എല്ലാം പരന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദിയർ ചോദിച്ചു ഷിംഷോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നുവെന്ന് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ യഹൂദയിൽ നിന്ന് മൂവായിരം പേർ ഏതാംപാറയുടെ ിങ്കൽ ചെന്ന് ശിംഷോനോട് ഫെലിസ്തർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ നീ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവനവരോട് പറഞ്ഞു അവർ അവനോട് കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചുകെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഷിംശോൻ അവരോട് നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്നോട് സത്യം ചെയ്വീൻ എന്നു പറഞ്ഞു അവർ അവനോട് ഇല്ല ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കൈയിൽ ഏൽപ്പിക്കേയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്തർ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ യഹോവിയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കരിഞ്ഞ ചണനൂൽ പോലെ ആയി അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി അവനൊരു കഴുതയുടെ പച്ച താടിയെല് കണ്ടു കൈനീട്ടിയെടുത്തു അതുകൊണ്ട് ആയിരം പേരെ കുന്നുകളഞ്ഞു കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്നൊന്ന് കുന്നുരണ്ട് കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംഷോൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയല്ല് കൈയിൽ നിന്ന് എറിഞ്ഞുകളഞ്ഞു ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്നു പേരായി പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു അടിയന്റെ കൈയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു പ്രാപിച്ചു വീണ്ടും ജീവിച്ചു അതുകൊണ്ടതിന് യേൻ ഹക്കോരേ എന്ന് പേരായി അതിന്നുവരെയും ലേഹിയിലുണ്ട് അവൻ ഫെലിസ്തരുടെ കാലത്ത് ഇസ്രയേലിന് ഇരുപത് സംവത്സരം ന്യായപാലനം ചെയ്തു